ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വന്യ ആത്മീയപിതാക്കന്മാർക്കും ആദരണീയരായ പൗര മുഖ്യന്മാർക്കും വ്യവസായ പ്രമുഖന്മാർക്കും സമുദായ പ്രമാണിമാർക്കും വിവിധ സഭാ ശുശ്രൂഷകന്മാർക്കും ിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എൻ്റെ വിനീതമായ നമസ്കാരം ആളുകൾ ഇന്ന് രാത്രി ഇവിടെ ആയിരങ്ങളായി പതിനായിരങ്ങളായി തടിച്ച് കൂടി വന്നിരിക്കുന്നത് സ്വർഗത്തിൻ്റെ അത്ഭുതകരമായൊരു പദ്ധതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവ തിരുനാമത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു ജീവനുള്ള ദൈവം സ്നേഹത്തോടെ വശീകരിച്ച് ആകർഷിച്ച് വിളിച്ചുകൂട്ടിയ ദൈവജനം സഭാഭേദം കൂടാതെ സമുദായ വ്യത്യാസം കൂടാതെ മതഭേദം കൂടാതെ ജാതി വ്യത്യാസം കൂടാതെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ചേർന്നിരുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുകയും ധ്യാനിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് എത്രയോ കാര്യമാണ് എത്രയോ മഹാത്മേറിയ ഒരു വസ്തുതയാണ് ദൈവ തിരുനാമത്തെ ഞാൻ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു ഇത്രയേറെ ആളുകൾക്ക് വന്നുകൂടി വളരെ സൗകര്യപ്രദമായി ഈ കോളേജ് ഗ്രൗണ്ട് എല്ലാ വർഷവും ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അത്യധികം സന്തോഷമുള്ളൊരു വസ്തുതയാണ് നന്ദി നിറഞ്ഞ ഒരു വസ്തുതയാണ് കോളേജ് ഭാരവാഹികൾ ഗവേണിംഗ് ബോഡി കോളേജിൻ്റെ സ്ഥാപക സെക്രട്ടറി ശ്രീ പി എം പൈലിപ്പിള്ള കോളേജിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ സി വി ജൈക്യം കോളേജിൻ്റെ ചെയർമാൻ ശ്രീ കുര്യാക്കോസ് ചെന്നക്കേടൻ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ശ്രേഷ്ഠരായ ദൈവദാസന്മാർ ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി കോളേജ് പ്രിൻസിപ്പൽ എല്ലാവരും ചെയ്തു ഈ സൗജന്യ സേവനത്തിന് ഈ സൗമനസ്സ്യത്തിന് ഈ സഹകരണത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ ഞാൻ ഏറ്റവും വിനീതമായി നന്ദി പറയുന്നു ദൈവത്തിന് സ്തോത്രം ഇന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവിടെ കടന്നു ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം തന്ന വന്നിയ വൈദിക ശ്രേഷ്ഠന്മാർ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം അനുഭവിക്കുകയും പകരുകയും ചെയ്യുവാൻ നമുക്കെല്ലാം സുശിക്ഷിതമായി നേതൃത്വം തരുവാൻ വന്നിരിക്കുന്ന ഈ അനുഗ്രഹീതരായ വന്യ പുരോഹിതന്മാർ അവരോട് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ ഒന്നു മാത്രം ഒന്നു മാത്രം ഞാൻ പറയും ഈ അഭിവന്യ പട്ടക്കാരെ ഭർത്താവായി യേശുക്രിസ്തുവിൻ്റെ കരുണയുള്ള കരം തഴുകട്ടെ തലോടട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിനീതമായി ആശംസിക്കുന്നു ദൈവത്തിന് സ്തോത്രം വിവിധ സഭാ വിഭാഗങ്ങളിൽ നിന്നായി വിവിധ സമുദായ വിഭാഗങ്ങളിൽ നിന്നായി വിവിധ ജാതി വർഗ മതങ്ങളിൽ നിന്നായി അനേകമനേകം പേര് കടന്നു വന്നിരിക്കുന്നു അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ വിനയത്തോടെ നന്ദി അർപ്പിച്ച് നമോവാകം പറഞ്ഞുകൊള്ളുന്നു ദൈവത്തിന് സ്തോത്രം പ്രസ്സിൽ നിന്ന് പത്രങ്ങളിൽ നിന്ന് വളരെ നല്ല സഹകരണമാണ് ഈ പ്രാവശ്യം നമുക്ക് ലഭിച്ചത് മലയാള മാതൃഭൂമി മുതലായ എല്ലാ പത്രങ്ങളിലും വളരെ വിശദമായ വാർത്തകൾ തക്ക സമയത്ത് നൽകുകയും അനേകരനേകം പേരെ ക്ഷണിക്കുന്നതിന് അത് ഉതകുകയും ചെയ്തു എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു പത്രപ്രതിനിധികളോട് വന്നിരിപ്പുണ്ട് പത്രത്തിൻ്റെ റിപ്പോർട്ടർമാരോട് ഓരോ ദിവസവും പത്രങ്ങളിൽ വന്ന വാർത്ത ഹൃദ്യമായ ആശയസമ്പുഷ്ടമായ മനോഹരമായ വാർത്തകളായിരുന്നു അവയ്ക്കെല്ലാം വേണ്ടി പത്ര അധിപന്മാരോടും പത്രപ്രതിനിധികളോടും പത്ര റിപ്പോർട്ടന്മാരോടും നമുക്കെല്ലാവർക്കുമുള്ള ആദരവും നന്ദിയും വീണ്ടും വീണ്ടും പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ സ്തോത്രം സഹോദരീ സഹോദരങ്ങളെ ഇത്രയോ ആളുകളാണ് വന്നിരിക്കുന്നത് വചനത്തിൻ്റെ മുന്നിൽ ആർത്തിയോടെ വന്ന് എത്രയോ പേരാണ് വന്നിരിക്കുന്നത് നാനാദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ക്രൈസിച്ച് ആളുകളാണ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട് നമ്മുടെ ഫെലോഷിപ്പ് എവിടെയെല്ലാം പടർന്നിട്ടുണ്ടോ അവിടെ ദൈവമക്കൾ പല സ്ഥലങ്ങളിൽ നിന്നായി കടന്നു ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ മാത്രമല്ല കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകമനേകം ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും വന്ന് ചേർന്നിട്ടുണ്ട് അവരോടെല്ലാമുള്ള സ്നേഹം ആദരവ് നന്ദി ഞാൻ ഈ ഒരൊറ്റവാക്യത്തിലൂടെ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം വഹുത്തപ്പെടട്ടെ ജീവനുള്ള ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് അവിടെ നിന്ന് ഈ ദിവസങ്ങളിലൊക്കെ ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മെ നയിച്ചിരുന്നു അവിടെ നിന്നെ ആശ്വസിപ്പിച്ചിരുന്നു അവിടെ നിന്നെ അനുഗ്രഹിച്ചിരുന്നു എത്രയെത്ര പേർക്കാണ് രോഗസൗഖ്യം കിട്ടിയത് എത്രയെത്ര പേരുടെ പാവങ്ങളാണ് തെറിച്ചു മാറിയത് ദുശ്ശീലങ്ങളാണ് മാറിപ്പോയത് എത്രയെത്ര കുടുംബങ്ങളിലേക്കാണ് പുതുതായി ആശ്വാസവും സമാധാനവും കണ്ട് വന്ന് എല്ലാം കൃപ എല്ലാം ദൈവത്തിൻ്റെ അളവറ്റ കൃപ ദൈവത്തിൻ്റെ ദാനം ദൈവമക്കളെ ജീവനുള്ള ദൈവം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു ജീവനുള്ള ദൈവത്തെ നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ സ്തുതിച്ചു ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ ഈ ഒടുവിലത്തെ രാത്രി നമ്മെ ഇത്രത്തോളം ജനത്തെ കൂട്ടി വരുത്തി തിരുവചനത്തിന് മുന്നിൽ ഇരുത്തിയ അത്യുന്നതനായ നിത്യപരിശുദ്ധനായ കർത്താവായി യേശു ക്രിസ്തുവിനെ നമുക്ക് മഹുത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം അവനെയും നമുക്ക് വണങ്ങാം അവനെ നമുക്ക് നമസ്കരിക്കാം അവനായി നമ്മുടെ ജീവിതം വേർതിരിക്കാം പുതിയ പ്രതിഷ്ഠകൾ പുതിയ സമർപ്പണങ്ങൾ പുതിയ തീരുമാനങ്ങൾ പുതിയ കാഴ്ചപ്പാടുകൾ പുതിയ മനോഭാവങ്ങൾ ദൈവത്തിന് സ്തോത്രം എല്ലാം എല്ലാം നമുക്ക് പ്രാപിച്ചു കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആദരവോടെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഈ കൺവെൻഷന്റെ മുഖ്യ ചിന്താവിഷയം യേസു ക്രിസ്തു നിത്യജീവൻ നൽകുന്നവൻ എന്നുള്ളതാണ് ആദ്യത്തെ രാത്രി മുതൽ ഇന്നുവരെയും ഓരോ ചിന്തകളും ആ ഒരു തീമിലേക്ക് ഒരു ആശയത്തിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു യേസു നിത്യജീവൻ നൽകുന്നവൻ ഇപ്പൊരു യുവാവ് പ്രമാണിയായ ഒരു ചെറുപ്പക്കാരൻ ധനവാനായ ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊരു ചെറുപ്പക്കാരൻ പള്ളിയിൽ പ്രമാണിത്വമുള്ള ഒരു മനുഷ്യൻ ആ യുവാവ് യേശുക്രിസ്തുവിന്റെ നേരെ വന്നു റോഡിൽ മുട്ടുകുത്തി യേശുവിനെ ഗുരു എന്ന് വിളിച്ചു പറഞ്ഞു ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ന് നന്മ ചെയ്യണം യേശു അവനോട് കല്പനകൾ പ്രമാണിക്കാ പറഞ്ഞു അവ ഏതെല്ലാം എന്ന് അവ ചോദിച്ചു ഇന്നതെല്ലാമാണ് പ്രധാന കൽപ്പനകൾ എന്ന് കർത്താവ് പറഞ്ഞു അയ്യോ അതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ച് പോരുന്നുണ്ടോ ഇനി നിത്യജീവൻ പ്രാപിപ്പാൻ എനിക്ക് എന്താണ് ഇനി കുറവുള്ളത് എന്ന് അവൻ ചോദിച്ചു പത്തായിടം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നാമത് കണ്ടതാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക എന്നാ നിനക്ക് സ്വർഗത്ത് നിക്ഷേപം പിന്നെ വന്നതിനെ അനുഗമിക്കാ പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖത്തോടെ പൊയ്ക്കളഞ്ഞു അവൻ പോകുന്നത് കണ്ട് അവൻ പോകുന്നത് കണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും കർത്താവ് പറഞ്ഞു മനുഷ്യർക്ക് തന്നെ ദൈവത്തിനോ അല്ലതാനും എന്ന് പറഞ്ഞു ദൈവത്തിന്റെ വലിയ നാം ബഹുത്വപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ നാല് ചോദ്യങ്ങൾ ഈ വേദഭാഗത്തെ മൊത്തയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി ഒന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം രണ്ട് ഇനി കുറവുള്ളതെന്ത് മൂന്ന് രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും നാല് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾക്ക് എന്തു കിട്ടും മത്തായുടെ സുശേഷം പത്തൊൻപതാം അധ്യായം നമുക്കെടുക്കാം പത്തൊൻപതാം അധ്യായത്തിൽ ആ ഭാഗം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവിന്റെ അരികത്ത് വന്നിട്ട് നിരാശയോടെ ദുഃഖത്തോടെ ചെറുപ്പക്കാരൻ പോയത് കണ്ട് നിത്യജീവം പ്രാപിക്കാതെ പോയത് കണ്ട് അവരമ്പരപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു യേശുക്രിസ്തുവിന്റെ അരികത്ത് വന്നിട്ട് ഒരാളിതാ നിരാശയോടെ പോകുന്നു ക്രിസ്തുദേവന്റെ അരികത്ത് വന്ന നിരാശയോടെ പോയിട്ടില്ല അനുഗ്രഹം പ്രാപിച്ചിട്ടേ പോയിട്ടുള്ളൂ അവരത് കണ്ടിട്ടുണ്ട് കുഷ് സൗഖ്യം പ്രാപിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് കണ്ണുകൂരുൻ വന്ന് കാഴ്ച പ്രാപിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് തളർവാദിയെ തളർവാദരോഗിയെ എടുത്തുകൊണ്ടു വന്ന് നാലുപേര് ചുമന്നുകൊണ്ടു വന്ന് തളർവാദരോഗി എഴുന്നേറ്റ് നടന്നു പോകുന്നവർ കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട് എല്ലാം അനുഗ്രഹം പ്രാപിച്ചേ പോയിട്ടുള്ളൂ യേശു ക്രിസ്തുവിന്റെ അരികത്ത് അനുഗ്രഹം പ്രാപിക്കാതെ പോയിട്ടില്ല എന്നാൽ ഈ യുവാവ് ഈ ധനികനായ ചെറുപ്പക്കാരൻ അവൻ അനുഗ്രഹം പ്രാപിച്ചില്ലെന്ന് മാത്രമല്ല നിരാശയോടെ ദുഃഖത്തോടെ പൊയ്ക്കളഞ്ഞു നിത്യജീവൻ പ്രാപിക്കാൻ കഴിയാതെ പോയി കളഞ്ഞു കാണേണ്ടവനെ കണ്ടു ചോദിക്കേണ്ടത് ചോദിച്ചു ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിച്ചു പക്ഷേ കിട്ടേണ്ടത് കിട്ടിയില്ല എല്ലാവരും അമ്പരപ്പിലായി ശിഷ്യന്മാർ അമ്പരപ്പിലായി കർത്താവ് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനോ അല്ലതാനും എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം അപ്പോൾ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾ പടവും വലയും വിട്ട് നിന്നെ അനുഗമിച്ചതല്ലേ ഞങ്ങൾ ചുങ്കം ഓഫീസ് കൂട്ടി നിന്നെ അനുഗമിച്ചതല്ലേ ഞങ്ങളുടെ തൊഴിൽ വിട്ട് നിന അനുഗമിച്ചതല്ലേ ഞങ്ങൾ സ്വന്തക്കാരും എന്തൊക്കാരും അതെല്ലാം പിന്തള്ളിയിട്ട് അതിനേക്കാൾ കൂടുതലായി ഇതിനെ സ്നേഹിച്ചതിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഞങ്ങൾക്കെന്ത് കിട്ടും ഞങ്ങൾക്കെന്ത് കിട്ടും ദൈവത്തിന് സ്തോത്രം നമുക്ക് വായിക്കാം മൊത്തയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒമ്പതാം ആക്യം ഇരുപത്തി എട്ടാം ആക്യം മുതൽ ഞങ്ങൾക്ക് കിട്ടും എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം നൂറുമടങ്ങ ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും ദൈവത്തിന് സ്തോത്രം എല്ലാം ഈ ലോകത്തെല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവനെ മരണശേഷമുള്ള നിത്യജീവനില് ലഭിക്കും കുറെ കൂടി വിശദമായി കർത്താവ് മർക്കോസിന്റെ സുശേഷത്തിൽ പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഒൻപതും മുപ്പതും വാക്യങ്ങൾ നമുക്ക് വായിക്കാം അതിനായി യേശു എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്റെ നാമം സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുവില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം Jerusalem Putri Maaren Chuttyun Ninnur Apagal Piyanurull Anuragam Kavan Nidugil Jerusalem Putri Maaren Chuttyun Ninnur Apagal Piyanurull Anuragam Kavan Nidugil Sundara Ramah Nuhara ന്മാരെ വരിക്ക മണ്ണേ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാൻ ഈ മണ്ണേ പ്രതി മാണിക്യം വേടിയോഗില്ല ഞാസസുഖ പ്രതാപങ്ങൾ മോനിയോടു ആടി വിളിച്ചാ ലോക സുഖ സൗഗരങ്ങ લાગുന്ന പ്രതാപങ്ങൾ മോടിയോ കുരീനെ വാടി വിളിച്ചാർ സുന്ദര നവ നവ നിന്നെ പിരിഞ്ഞ ലോക യാത്ര പ്രാഗദര മണ്ണെ പ്രതി മാണിക്യം വേടിയോഗ ഈ മണ്ണ് പ്രതി മാണിക്യം വേടിയോഗത്തിൽ കൂമിള പോലെ പിന്നെ വിളങ്ങിടുന്ന സുഖങ്ങൾ എഴുതി വേൽകുക വെള്ളത്തിൽ കൂമിള പോലെ സുഖങ്ങൾകിൽ സുന്ദരനം മനോഹര ഇങ്ങനെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃത രാജാരന്മാരിൽ മരിക്കുമോ വത്സല മണ്ണെ പതിമാണിക്കും വെടിയുക ദൈവ പൈതൽ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയുണ്ട് മർക്കോസിന് സുവിശേഷം പത്താം അധ്യായം ഇരുപത്തൊൻപത് മുപ്പത് വാക്യങ്ങൾ അതിന് യേശു എന്റെ സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനേയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് വീടുകളെയും ഉപദ്രവങ്ങളോടുകൂടെ നൂറു മടങ്ങ് സഹോദരന്മാരെയും ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് സഹോദരിമാർ സഹോദരികളെയും ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് അമ്മമാരെയും ഉപദ്രവങ്ങളോടും കൂടെ നൂറു മടങ്ങ് മക്കളെയും ഉപദ്രവങ്ങളോടുകൂടെ നൂറുമടങ്ങ് നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്ത ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഉപദ്രവങ്ങളുണ്ട് എല്ലാം വിട്ട് യേശുക്രിസ്തുവിന് പിന്നാലെ അവനെ അവഹേളനങ്ങൾ ഏൽക്കേണ്ടി വരും അപമാനങ്ങൾ സഹിക്കേണ്ടി വരും അവന് കഠിനയാതനകളേൽക്കേണ്ടി വരും യേശുവിന്റെ നാമത്തിൽ എല്ലാവരും അവനെ പകച്ചു എന്ന് വരും കാരണം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്റെ നാമ എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും പ്രിയപ്പെട്ടവരെ പലരും തെറ്റിദ്ധരിക്കും ചിലരെ ഒറ്റപ്പെടുത്തും ചില ചെറുതാക്കും ചിലരെ അവഗണിക്കും പലരും പുച്ഛിക്കും എന്റെ നാമ നിമിത്തം നിങ്ങളതെല്ലേ എല്ലാം വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് നൂറു മടങ്ങ് വീടുകൾ നൂറു മടങ്ങ് നൂറു മടങ്ങ് സഹോദരീ സഹോദരന്മാർ ഉപദ്രവങ്ങളോടുകൂടെ നൂറുമടങ്ങ് നിലങ്ങൾ ഉപദ്രവങ്ങളോടുകൂടെ നൂറു മടങ്ങ് മാതാപിതാക്കൾ അപ്പനെ പോലെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവര് അപ്പനെ പോലെ അമ്മയെപ്പോലെ വാത്സല്യക്കുന്നവര് സഹോദരി സഹോദരന്മാരെ പോലെ കരുതുകയും സ്നേഹിക്കുകയും വാത്സല്യിക്കുകയും എല്ലാം എല്ലാം സഹായങ്ങൾ ചെയ്തു ചെയ്യുന്നവര് തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന അനേകം അനേകം സഹോദരി സഹോദരന്മാർ ഞാൻ അറിഞ്ഞു ഞാന് രോഗത്തിലായിരുന്നപ്പോൾ എത്ര ആയിരം പേരാണ് ഈ സാധു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചത് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത്രയേറെ പേര് ഉപവാസമെടുക്കുന്നു എന്ന് ഇത്രയേറെ പേര് ഈ പാവപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധ്യമല്ല ഈ ദൈവം ഇന്ന് നിങ്ങളുടെ മധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഈ അഞ്ചു ദിവസവും ഐശ്വര്യമായ എന്നോടുകൂടി ഇരിക്കുന്നു ഈ അഞ്ചു ദിവസവും ജീവനുള്ള ദൈവം വചനം നാവിന്മേൽ വരച്ച് തന്നിരിക്കുന്നു ക്രിസ്തുവിന്റെ വചനം നാവിന്മേൽ എഴുതി തന്നിരിക്കുന്നു ക്രിസ്തുവിന്റെ തിരി രക്തം ചുണ്ടിമേൽ തൊടുവിച്ച് തന്നിരിക്കുന്നു ക്രിസ്തുവിന്റെ ആ സ്വർഗത്തിന്റെ തീക്കനൽനയും തൊടുവിക്കുകയും ചുണ്ടിന്മേൽ തൊടുവിക്കുകയും ചെയ്തിരിക്കുന്നു സ്വർഗത്തിന്റെ അഭിഷേകം ഹൃദയത്തിന്മേലും തലമേലും ശിരസിന്മേലും തലച്ചോറിന്മേലും പകർന്നിരിക്കുന്നു അഭിഷേകയിൽ ഇച്ചിട്ട് വീഴുന്നു ഈ അതൈവത്തിന് സ്ത്രോത്രം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ക്രിസ്തുവിനെ ലഭിക്കുക എന്നുള്ളതാണ് ക്രിസ്തു എന്ന അക്ഷയ നിക്ഷേപമാണ് അത് വിലതീരാത്ത നിധിയാണ് ഇന്ന് ഈ രാത്രി എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ യേശു ക്രിസ്തു നിങ്ങളുടെ നിധിയായി കിട്ടിയോ യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുവോ യേശു വസിക്കുവാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്തുവോ യേശുവിനായി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തുവോ യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾ വന്നത് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുവാനാണെന്ന് അറിഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചു ഒന്ന് കാണുവീൻ ഒന്ന് ആശ്വാസം പ്രാപിപ്പീൻ ഒന്ന് കുടിപ്പീൻ ഒന്ന് വെളിച്ചത്തിൽ നടപ്പീൻ ഒന്ന് പാവങ്ങളെല്ലാം മാറി ജീവിതം ഹിമം പോലെ വെളുപ്പിക്കുവീൻ ഹാല സ്തുന്ന് കയറി വരുവീൻ നിത്യ സൗഭാഗ്യത്തിലേക്ക് കട പ്രിയപ്പെട്ടവരെ വരുവി നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം പ്രിയപ്പെട്ടവരെ ഒരു സഭയെ പ്രത്യേകം പറയാനില്ല ഒരു സമുദായത്തെ കുറിച്ച് പറയാനില്ല ഈ കുഞ്ഞുങ്ങളിപ്പോൾ പാഴിയില്ലേ അന്ന് ദൈവരാജ്യത്തിൽ ഹാലലിയ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ സ്തുതിയുടെ ഘോഷം മുഴങ്ങുമ്പോൾ ആ ഹാലലിയ മീറ്റിങ്ങിൽ സഭകളില്ല സഭ സഭകളല്ല ദിനോമിനേഷൻസ് ഇല്ല സഭയുണ്ട് സഭകളില്ല സഭ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയുണ്ട് അവിടെ ക്രിസ്തുവിന്റെ മണവാട്ടിയുണ്ട് ക്രിസ്തുവിന്റെ സഭയുണ്ട് പക്ഷേ ഡിനോമിനേഷൻസ് ഇല്ല സഭാ വിഭാഗങ്ങളില്ല സമുദായ സ്തോത്രം സഹോദരങ്ങളെ ആ ഹാലൽ ആ മീറ്റിങ്ങിലേക്ക് ഒരുക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരി ഉയർന്ന് ആകാശമേഖങ്ങളിൽ ക്രിസ്തുവിനെതിരൽപ്പാൻ പറക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ ചേരുവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഒരു പാവപ്പെട്ട കുട്ടിയുണ്ടായിരുന്നു ആ കൊച്ച് ജീവിക്കാൻ മാർഗമില്ല പൈസക്ക് വരുവാനോ ഒന്നുമില്ല അവന് പഠിക്കണം അവന് പഠിക്കാൻ എന്നാ പൈസ എങ്ങനെ അവിടുന്ന് കിട്ടുക അവൻ ന്യൂസ് പേപ്പർ തീരുമാനിച്ചു സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വേഗം അത് രാവിലെ ശേഖരിച്ച് ഓരോ വീട്ടിലും കൊണ്ടുപോയി വിൽക്കുക കൊടുക്കുക നല്ല വേഗത്തിൽ നടക്കണം കാരണം ഈ ന്യൂസ് പേപ്പറെല്ലാം കൊടുത്ത് ഓരോ വീട്ടിലും അത് കൊണ്ടുചെന്ന് കൊടുത്തിട്ട് അത് കിട്ടിയിട്ട് അതിന്റെ പൈസ കിട്ടിയിട്ട് അവന് പടുത്തു മുന്നോട്ട് പോകണം ഒരു ദിവസം അവന് നല്ല ക്ഷീണം ഭയങ്കര ക്ഷീണം അവനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വീട്ടമ്മ പത്രം വാങ്ങാനായിട്ട് വന്നപ്പോഴ് അവൻ പറഞ്ഞു കൊച്ചുമേ എനിക്ക് എനിക്കിട്ട് വെള്ളം തരാമോ നല്ല ദാഹം ആ സ്ത്രീ അകത്തുപോയി എന്തോ ആ കുഞ്ഞിനോട് സ്നേഹം ഒരു വാത്സല്യം തോന്നി ആ സ്ത്രീ ഒരു ഗ്ലാസ് നിറയെ പാൽ എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു അവനങ്ങ് അത്ഭുതപ്പെട്ടു പോയി വെള്ളമേ ചോദിച്ചുള്ളൂ പാല് അത്രയും പാൽ ഒരുമിച്ച് കുടിച്ചിട്ടേ പാവം അവൻ താങ്ക്സ് ഫോർ നന്ദി പറഞ്ഞ് അവൻ പത്രവുമായി പോയി കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവൻ പഠിച്ചു അവൻ വളരെ സമർത്ഥനായി അവൻ പ്രസിദ്ധനായ ഒരു ഡോക്ടറായി വളരെ പ്രസിദ്ധനായ ഡോക്ടർ സൂപ്പർ സ്പെഷ്യാലിറ്റി അവന് വലിയൊരു സർജനായി പല ഭാഗങ്ങളിൽ നിന്നും ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവൻ്റെ അടുക്കൽ ചികിത്സയ്ക്ക് വേണ്ടി അനേകമനേകം രോഗികൾ വരും ഒരു മിനിട്ട് അവന് വിശ്രമമില്ല വളരെ സമർത്ഥനും വളരെ വിദഗ്ധനുമായൊരു ഡോക്ടർ അങ്ങനെ ഇരിക്കുകയെ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലല്ല അടുത്തൊരു വലിയ ഹോസ്പിറ്റൽ അവിടെ ഒരു സ്ത്രീ അഡ്മിറ്റ് ചെയ്തു അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം നോക്കി അസുഖം മാറുന്നില്ല കുറയുന്നില്ല ഡോക്ടേഴ്സ് നോക്കിയിട്ട് അവർക്ക് മുഴുവനായിട്ട് കിട്ടാത്തതുകൊണ്ട് ആ ഡോക്ടേഴ്സ് ഒരു വിദഗ്ദ്ധ അഭിപ്രായത്തിന് ഈ ഡോക്ടർക്ക് റെഫർ ചെയ്തു ഈ അതിവിദഗ്ധനായ ഡോക്ടർക്ക് അത് റെഫർ ചെയ്തു ഒന്ന് വരണം ഒരു രോഗി അത്യാസന നിലയിൽ കിടക്കുന്നു ഒന്ന് ഒന്ന് നോക്കി സഹായിക്കണം ചെന്നു ചെന്ന് നോക്കി ഡോക്ടർ ഓർത്തു ഈ സ്ത്രീയല്ലേ പണ്ട് എനിക്കൊരു ഗ്ലാസ് പാല് തന്നത് കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ പാല് തന്നത് ഈ സ്ത്രീയല്ലേ അവൻ ആ സ്ത്രീയുടെ അടുത്തിരുന്നു വേറൊന്നും പറഞ്ഞില്ല അടുത്തിരുന്നു ഓരോന്നോരോന്നും ചോദിച്ച് മനസിലാക്കി രോഗവിവരങ്ങൾ തിരക്കി ചികിത്സിച്ചു അവൻ വീട്ടിൽ പോയില്ല ആ ദിവസങ്ങൾ രാവും പകലും മറ്റൊരിടത്തും പോകാതെ അവൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോലും പോകാതെ അവിടെ തന്നെ ഈ രോഗിയായ സ്ത്രീയുടെ രോഗസൗഖ്യത്തിന് വേണ്ടി അവൻ അത്യാധ്വാനം ചെയ്തു വിശ്രമമില്ലാതെ ഉറക്കിളച്ചിരുന്ന് ജോലി ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ ഡോക്ടർക്ക് എന്തൊരു വാത്സല്യം ഈ രോഗിയുടെ എന്തൊരു സ്നേഹം ിയപ്പെട്ടവരെ അവസാനം രോഗ സൗഖ്യമായി നല്ലപോലെ സൗഖ്യമായി ഈ സ്ത്രീ ഓർത്തു എന്ത് ബില്ല് വരുന്നത് എത്ര രൂപയായിരിക്കുമോ ബില്ല് വരുന്നത് എന്നാ ചെയ്യും അവൾ അവളുടെ പ്രിയപ്പെട്ടവരും വിഷമിച്ച് ബില്ല് തരാൻ പറഞ്ഞു ബില്ല് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് പിന്നെ തന്നോളാം അവിടെ അവിടെയുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞു ബില്ല് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് തയ്യാറാക്കുന്നുണ്ട് തന്നോളാം കുറേ നേരം കഴിഞ്ഞ് ബില്ല് അത് കൊണ്ടുവന്നു ചെറിയ ബില്ല് ഒന്നുമല്ല വൻ തുക വലിയ തുകയാണ് എന്റെ ദൈവമേ എന്തൊരു വലിയ തുക ശരിയാണ് രോഗം കൊടുക്കണമല്ലോ ബില്ല് പേ ചെയ്യാൻ എടുത്ത് കൊടുത്തു രോഗം കൊടുത്തില്ല അത് ഓഫീസിൽ പോയി അത് ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് വരണമെന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞു നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു വന്നു അപ്പോഴാ ബില്ലം കൊടുത്തു ഇതിട്ട് പറഞ്ഞു ഇതിൻ്റെ പൈസയെല്ലാം പേ ചെയ്തല്ലോ ആര് ഏതാണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് ദൈറു ഈസ് കംപ്ലീറ്റ്ലി പെയിൻ ഫോർ എ ഗ്ലാസ് ഓഫ് മിൽക്ക് മുഴുവൻ തുകയും ഒരു ഗ്ലാസ് പാലിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു അടിയിൽ ഈ ഡോക്ടറാണ് ഒപ്പിട്ടിരിക്കുന്നത് മുഴുവൻ തുകയും ഒരു ഗ്ലാസ് പാലിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചെറിയ ആയുസിൽ ചെറുതാണിത് നിങ്ങൾ യേശുദമ്പുരാന് കൊടുത്താൽ അവൻ എല്ലാ ഏറ്റെടുക്കും കടങ്ങളവൻ ഏറ്റെടുക്കും ദുരിതങ്ങളവൻ ഏറ്റെടുക്കും കഷ്ടപ്പാടുകളവൻ ഏറ്റെടുക്കും അവൻ നിങ്ങൾക്ക് പ്രതിഫലം തരും ആ ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് ചോദിക്കുന്നത് ഈ വൈദനോടാൻ പറയും നിങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ നൂറുപടങ്ങ് ലഭിക്കും നിത്യജീവനെയും ലഭിക്കും നിങ്ങൾ തളരണ്ട ഒന്നും നിഷ്പലമല്ല സ്വർഗത്തിലെയ്യുവാർക്കും കടക്കാരനല്ല എന്റെ നാമം സുവിശേഷം നിമിത്തവും വീട് വിട്ടാൽ സഹോദരന്മാരെ വിട്ടാൽ സഹോദരികളെ വിട്ടാൽ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ നൂറുപടങ്ങ് വീടുകൾ ദൈവത്തിന് സ്തോത്രം ഈ ലോകത്തിൽ തന്നെ പ്രതിഫലമുണ്ട് ഈ ലോകത്തിൽ തന്നെ അനുഗ്രഹമുണ്ട് മനുഷ്യരെയല്ല തരുന്നത് സ്വർഗത്തിലെ ദൈവം സർവവല്ലഭനും സർവജ്ഞനും സർവവ്യാപിയും സർവസമ്പന്നനുമായ നിത്യനായ ദൈവം ഈ പാവപ്പെട്ടൊരു മനുഷ്യൻ അവന്റെ നാമത്തിൽ ചെയ്യുന്ന ചെറുതോ ഏറ്റവും നിസ്സാരമോ ആയ പോലും പ്രതിഫലം തരാതിരിക്കുകയില്ല പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്റെ നാമത്തിൽ ഈ ചെറിയവരിൽ ഒരു തന്നെ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോകയില്ല നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ ആയുസവനെ കൈക്കൊള്ളുന്നു പ്രിയപ്പെട്ടവരെ ദൈവജനം ഭാഗ്യശാലികളാണ് ക്രിസ്തുവിനുവേണ്ടി ജീവിതം വേർതിരിച്ചവര് ഭാഗ്യശാലികളാണ് ക്രിസ്തുവിനുവേണ്ടി ആയുസ് വേർതിരിച്ചവര് ഭാഗ്യശാലികളാണ് ദൈവത്തിന്റെ വലിയ നാമം മഹുത്തപ്പെടട്ടെ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇവിടെ എല്ലാം നൂറുമടങ്ങ് ലഭിക്കും എല്ലാം സഹോദരങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളു നിങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല നിങ്ങളുടെ അധ്വാനങ്ങൾ വ്യർത്ഥമല്ല നിങ്ങളുടെ കഷ്ടപ്പാടുകൾ വ്യർത്ഥമല്ല നിങ്ങളുടെ ഉറപ്പിളപ്പുകൾ വ്യർത്ഥമല്ല ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരു ചീത്ത കേട്ടാൽ നിങ്ങളൊരു അപവാദമേച്ചാൽ നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെട്ടാൽ പലരും നിങ്ങൾ ഒറ്റപ്പെടുത്തിയാൽ മകനെയും നഷ്ടമല്ല മുതൽക്കൂട്ടാണ് സ്വർഗത്തിൽ മുതൽക്കൂട്ടാണ് ഭൂമിയിലും നിനക്ക് അത് കൂടുതൽ കൂടുതൽ ശ്രേയസിലേക്ക് നയിക്കും ഐശ്വര്യത്തിലേക്ക് നയിക്കും സ്നേഹിതരെ എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിൽ പറയും ആറാം അധ്യായം ഒമ്പതാം വാക്യം എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ അനീതിയുള്ളവനല്ല സ്ത്രോത്രം എന്റെ ദൈവമേ ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും എന്തിനു നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുകയില്ല മറന്നു കളയാതൊക്കെയാണ് ദൈവം അനീതിയുള്ളവനല്ല നീതിമാനായ ദൈവം എല്ലാം ഓർമ്മിക്കും ദൈവത്തിന് സ്തോത്രം ഞങ്ങൾക്ക് കിട്ടും സ്നേഹിതരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഇവിടെ പുച്ഛമുണ്ടാകും പരിഹാസമുണ്ടാകും ഇവിടെ പലരും നിങ്ങളെ തള്ളിക്കളയും നിങ്ങളെ വെറുക്കും നിങ്ങളെ വല്ലാതെ പരിഹസിച്ച് അപഹസിച്ച് അവഹേളനത്തിൽപ്പെടുത്തി അവവാദങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളത്തിൽ വലിയ വേദന ഉളവാക്കത്തക്കവണമുള്ള ശരങ്ങൾ അവവാദ ശരങ്ങൾ നിങ്ങളുടെ മേൽ വരും ദൈവത്തിന് എന്റെ നാമനിമിത്തം മനുഷ്യ നിങ്ങളെ പകച്ച് ദ്വേഷിച്ച് നിങ്ങളുടെ പേര് വിടക്കായും തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിമിൻ പ്രതിഫലമുണ്ട് എസ്ഇവിന്റെ പ്രവചനം അറുപത്തിരണ്ടാം അധ്യായം ഒടുവിലത്തെ ഭാഗത്തും വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം ആക്കി മുതലും കാണാം കൂലി അവന്റെ കയ്യിലും പ്രതിഫലം അവന്റെ അവന്റെ കയ്യിൽ കൂലിയുണ്ട് അവന്റെ പ്രതിഫലമുണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ നിലങ്ങളെ വിട്ടു നിങ്ങൾ തൊഴിൽ വിട്ടു ഗലീല കടല് വിട്ടു നിങ്ങൾ പടകു വിട്ടു നിങ്ങൾ വല വിട്ടു നിങ്ങൾ സ്ഥാനമാനങ്ങൾ വിട്ടു ദൈവത്തിന് സ്തോത്രം എന്നാൽ നിങ്ങൾക്കെല്ലാറ്റിനും പ്രതിഫലമുണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ എന്തെല്ലാം വിട്ടുവോ അതൊന്നും വിട്ടതും വരുത്തതും നഷ്ടമല്ല നാട് വിട്ടു വീട് വിട്ടു നാമേയെട്ടു ദൈവത്തിന് സ്തോത്രം നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപുരമാണിന്റെ നിത്യവാസം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ രാത്രി കാലം ഈ ഒടുവിലത്തെ സമ്മേളനത്തിൽ നിങ്ങളെ ചേർത്തിരുത്തിക്കൊണ്ട് പറയും ഇന്നുമക്കളെ നിങ്ങൾ വന്നത് നഷ്ടമല്ല നിങ്ങൾ എന്റെ വേണ്ടി ഓടിയത് നഷ്ടമല്ല നിങ്ങൾ അതിനുവേണ്ടി പൈസ ചെലവഴിച്ചത് നഷ്ടമല്ല നിങ്ങൾ അതിനുവേണ്ടി ഉറക്കളെച്ചത് നഷ്ടമല്ല ദൈവത്തിന് സ്ത്രോത്രം നിങ്ങൾ അധ്വാനിച്ചത് നഷ്ടമല്ല എന്റെ പ്രിയ സഹോദര സഹോദരങ്ങളെ ഈ യൗനുനക്കാരെത്രയോ വീടുകൾ കയറി ഇറങ്ങി ആളുകളെ ക്ഷണിച്ചു ആളുകളെ ക്ഷണിച്ചു വലിയൊരു വിരുന്നശാലയിലേക്ക് ക്ഷണിക്കുകയാണ് വലിയൊരു സദ്യയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം ഒരു മാസത്തിലേറെയായി പ്രയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രിയും പകലും ഓരോ സ്ഥലങ്ങളിൽ ദൈവമക്കൾ കൂട്ടമായിരുന്നും വ്യക്തിയായിട്ടിരുന്നും ആ പ്രാർത്ഥനയുടെ കണ്ണി അറ്റുപോകാതെ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവത്തിന് സ്തോത്രം എല്ലാറ്റിനും പ്രതിഫലമുണ്ട് മക്കളെ നിങ്ങൾ വിശ്വസിപ്പിൻ പ്രതിഫലം തരാൻ രാജാധിരാജൻ മടങ്ങിവരും വേദപുസ്തകത്തിന്റെ ഒടുവിലത്തെ പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ വെളിപ്പാട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാക്കി മുതൽ പറയും സമയമെടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് അനീതി അയ്യുന്നവൻ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ നീതിമാനിയും വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തനും അവനാന്റെ പ്രവർത്തിക്ക് ഇതൊക്കെ കൊടുപ്പാൻ പ്രതിഫലം എന്റെ വക്കലുണ്ട് ഓരോരുത്തനും അവനാന്റെ പ്രവർത്തിക്ക് ഇതൊക്കെ പ്രതിഫലം എന്റെ ഞാൻ ആൽഫയും ഒന്നാമത്തവനും ആദ്യം അന്തവുമാകുന്നു ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവജനമേ വസ്ത്രമലക്കാൻ ലഭിച്ച സൗഭാഗ്യ സമയമാണ് ഇന്ന് കഴിവ് പ്രാപിക്കാൻ വെച്ച സമയമാണ് പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് കല്യാണ വസ്ത്രം പുതപ്പിക്കുന്ന ദിവസമാണ് സൗജന്യമായ നീതി വസ്ത്രം നിങ്ങളുടെ പേര് തരുന്ന ദിവസമാണ് നിങ്ങളെ പഴയ വസ്ത്രങ്ങൾ മാറ്റി നിങ്ങൾ പുതിയ വസ്ത്രം പുതപ്പിക്കുന്ന ദിവസമാണ് പുതിയ സമാധാനവും ശാന്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുകയാണ് യേശു ക്രിസ്തുവിന്റെ തിരു സംസാരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും തഴുകുകയാണ് എന്റെ മാന്യ സഹോദരങ്ങളെ നിങ്ങളരികത്തൂടെ യേശു നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ സമീപത്തു കൂടെ യേശു നടക്കുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ നാഥൻ കരുണിയുള്ള കർത്താവ് വാൽസല്യവാനായ നിത്യനായ യേശു നിങ്ങളുടെ അരികത്തുകൂടെ നടന്നുകൊണ്ട് അവന്റെ ആ തിരക്തം വരേണ്ട കര നിങ്ങളെ നേരെ നീട്ടുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ആ കര നിങ്ങളെ തൊടുവാൻ വാഞ്ചിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾ വേവലാസിടേണ്ട അയ്യോ ഞങ്ങൾ പലതും വിട്ടല്ലോ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട യേശുവിതാ നിങ്ങളത്തു വരുന്നു ഇവിടെ ഉപദ്രവങ്ങളോടുകൂടെ എല്ലാം നൂറു മുടങ്ങ് ലഭിക്കും അനുഗ്രഹങ്ങളും ശ്രേയസ്സും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉത്കർഷവും ലഭിക്കും കടന്നു ചെല്ലുമ്പോഴോ നിത്യജീവൻ സ്വർഗരാജ്യം ഇവിടെ കയറി വരുവുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഉയരത്തിലേക്ക് കടന്നു ചെല്ലാം ഉയരത്തിലേക്ക് കയറി ചെല്ലാം എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കിക്കൊള്ളുവീൻ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രക്ഷ അവകാശമാക്കുവാൻ അവന്റെ സന്നിധിയിലേക്ക് വരുവാനായി ദൈവം ക്ഷണിക്കുന്നു അനുഗ്രഹത്തിന്റെ വിധാതാകുമ്പോയും മാടി വിളിക്കുന്നു സ്നേഹത്തിന്റെ നിധിയായി എന്ന് ക്ഷണിക്കുന്നു നിങ്ങളാരും തെറ്റി നിൽക്കല്ലേ സവിശയിച്ച് നിൽക്കല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു സഭയിലേക്കല്ല വരുന്നത് നിങ്ങളൊരു കൂട്ടായ്മയിലേക്കല്ല വരുന്നത് ക്രിസ്ത്യന്റെ വൈബിൾ ഫെലോഷിപ്പിലേക്കാൽ വരുന്നത് നിങ്ങൾ വരുന്ന യേശു ക്രിസ്തുവിന്റെ കുരിശൻ ചുവട്ടിലേക്കാണ് വേണ്ടി പിടഞ്ഞു വരിച്ച ക്രിസ്തുവിന്റെ തിരി രക്തം നിങ്ങൾ വന്ന് ആ സ്ത്രീവായുടെ ചുവട്ടിൽ തന്നെ അർപ്പണം ചെയ്യുകയാണ് ആരല്ല ഇപ്പോൾ യേസു ക്രിസ്തുവിനായ ജീവിതം സമർപ്പിക്കും ഈ പ്രതിഫലം തരാൻ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ആരെല്ലാം ജീവിതം കൊടുക്കും പ്രതിഫലം തരാൻ എഴുന്നള്ളി വരുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ആയുസ് ആരെല്ലാം ഭരമേൽപ്പിക്കും ഈ നിസ്സാരമായി ആയുസ് ഇന്നിവിടെ ജീവിക്കുന്നു ഇന്ന് കാണുന്നു എന്നാളെ മറഞ്ഞു പോകുന്നു ആവി ആയി പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി അഞ്ചിലെ കൺവെൻഷനിൽ നാം എല്ലാവരും വന്നു രണ്ടായിരത്തി ആറിലെ കൺവെൻഷനിൽ നാം ആരെല്ലാം ഈ ഭൂമുഖത്തുണ്ടായിരിക്കും ഒരു കാര്യം ഉറച്ചുകൊള്ളു കർത്താവെ ഞാൻ ഭൂമിയുടെ മേലെയാണെങ്കിലും ഭൂമിയുടെ അടിയിലാണെങ്കിലും എൻ്റെ ശരീരം ഭൂമിയുടെ മേലയാണെങ്കിലും ഭൂമിയുടെ അടിയിലാണെങ്കിലും എന്റെ ആത്മാവ് നിന്നോടുകൂടെയായിരിക്കും യേശുവെ ഞാൻ നിന്നോടുകൂടെ നടക്കും യേശുവെ ഞാൻ നിന്റെ വിശുദ്ധനായി ജീവിക്കും യേശുവയെ കറവിരളാത്തൊരു പുതിയ ജീവിതം ഞാൻ നയിക്കും ചെളി പറ്റാത്തൊരു ജീവിതം ഞാൻ നയിക്കും നിന്റെ കരമേക്കണമേ എന്നെ എന്നെ നീ ആശ്ലേഷിക്കണമേ എനിക്ക് നീ ചുടു ചുമ്പനം തരണമേ എന്റെ മേലെ കരം വെച്ച് എന്നെ ആശീർവദിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ആരെല്ലാം ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കരങ്ങളെ ഉയർത്തുകയും ദൈവജനമേ അവരുടെ കരങ്ങളെ ഉയർത്തി കൈ വീശിക്കൊണ്ട് ദൈവത്തെ സ്തുതിപ്പുകയും തരങ്ങളെ താഴ്ത്തിയിടുകയും സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ പ്രതിഫലം തരുവാനവിടുന്ന് മടങ്ങി വരുന്ന നല്ല സുദിനത്തിനായി ഞങ്ങളതിനെ സ്തുതിക്കുന്നു കർത്താവേ ഈ ലോകത്തിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും നിത്യ ലോകത്ത് നിത്യ ജീവനും സ്വർഗരാജ്യവും ഞങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്ത് കുരിശിൽ വെച്ച രക്ഷക അവിടുത്തെ കരങ്ങളിലേക്ക് ആയുസ് ഞങ്ങൾ ഫരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ കൈകൾ ഉയർത്തിയെല്ലാവരെയും അവിടെ തലോടണമേ അവിടന്ന് അനുഗ്രഹിക്കണമേ കർത്താവ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ സമാധാനം പകരണമേ ആശ്വാസം നൽകണമേ കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴുകിയെത്തണമേ ശാപദോഷങ്ങൾ മാറ്റണമേ ദുരിതങ്ങൾ അകറ്റണമേ രോഗബാധകൾ മാറ്റണമേ ഭയാനകമായ ഭീകര പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ ർത്താവേ രോഗ സൗഖ്യം അയക്കണമേ അത്ഭുതകർമ്മ പകരണമേ നിത്യജീവന്റെ ഉറപ്പ് നൽകണമേ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ പാപക്കരകൾ പ്രവർത്തിക്കണമേ ആത്മാവേ വ്യാപരിക്കണമേ ആത്മാവേ എഴുന്നള്ളി വരണമേ ആത്മാവേ ഊതണമേ ആത്മാവേ കാറ്റ് വീശണമേ തിരുനാമം ക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ